നിങ്ങളതിൽ വിശ്രമിക്കാൻ വേണ്ടി രാത്രിയെയും കാഴ്ചയുള്ളതാക്കി പകലിനെയും നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് അല്ലാഹുസുബാനഹുവ ചായ ആണ് തീർച്ചയായും അള്ളാഹുസുബാനഹുവ ചായാല മനുഷ്യർക്ക് വലിയ അനുഗ്രഹം ചൊരിയുന്നവനാണ് എങ്കിലും മനുഷ്യരിൽ ഭൂരിഭാഗവും നന്ദി കാണിക്കുന്നില്ല